ഇവിടെ ചർച്ചയിൽ എന്താണ്പ്രത്യക്ഷത്തിനുള്ള ശേഷിയുണ്ടോ എന്നതാണ് ആലോകനിരപേക്ഷമായ ചക്ഷേന്ദ്രയും കൊണ്ട് ചാക്ഷപ്രത്യക്ഷ്യ കാര്യഗമ്യത്വമാണ് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം അതിനുള്ള സാമർഥ്യം ഉണ്ട് അവിടെ കാര്യം എന്താണ് തമസ് എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ ചാഷപ്രത്യക്ഷം അങ്ങനെ ഒരു ചാഷപ്രത്യക്ഷം ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം ചക്ഷിരേന്ദ്രിയത്തിന് അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ട് വെളിച്ചം കൂടാതെ തന്നെ തമസ് എന്ന് പറയുന്ന പരിവീയത്തിനെ അപ്പോ അത് എങ്ങനെ സംഭവിക്കുന്നു ആണ് പറഞ്ഞു ആലോക അഭാവം എന്ന് പറയുന്നതാണ് അതിന്റെ വ്യഞ്ജകം ആലോക അഭാവം തമസിനെ വ്യഞ്ചിപ്പിക്കുന്നു ചക്ഷിണേന്ത്യം കൊണ്ട് ചാഷപ്രത്യക്ഷണം സാമർഥ്യസ്യ കാര്യത്വ എന്നുള്ള യുക്തി അനുസരിച്ച് ഒന്നിന്റെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം പിന്നിൽ എവിടെ ഉണ്ട് എന്ന് അംഗീകരിക്കണം അംഗീകരിച്ചേ പറ്റൂ അത് അംഗീകരിച്ചുണ്ടെങ്കിൽ എന്നാ ചെയ്ത് ആലോക അഭാവശ്യാപി രൂപവത് അഭാവദയാഘടാ നിരപേക്ഷ ചട്ടു വിഷയത്ത് എന്താ പറയുന്നത് തമസ എന്ന് പറയുന്ന ഒരു രൂപവദ്രവ്യമാണെങ്കിൽ അതാണ് അതിനൊരു രൂപവത് ദ്രവ്യമായി നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ആലോക വരും ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് അഭാവമാണ് ഇവിടെ രൂപമില്ല ആലോക സാപേക്ഷത്വം ഇല്ല ഈ ആലോക സാപേക്ഷത്വം വരുന്നത് ഉണ്ടെങ്കിൽ രൂപത്തിൽ അല്ലെങ്കിൽ രൂപദ്രവ്യത്തിലാണ് അപ്പൊ നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടും ആർക്ക് അദ്വേദിക്ക് അദ്വേദി തമസ്സിനെ രൂപപദ്രവ്യമായി സ്വീകരിക്കുന്നു ആലോക സാപേക്ഷത്വം സ്വീകരിക്കുന്നു അത് ശരിയാകില്ല എന്നാണ് അപ്പം പറയുന്നു അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നോക്കുക നിങ്ങൾ അഭാവമായി സ്വീകരിക്കുമ്പോ അഭാവമായി സ്വീകരിക്കുമ്പോ ആലോക അഭാവം എന്ന് പറയുമ്പോ രൂപവത്ത് അഭാവമാണ് രൂപവത്തായ ഒരു ദ്രവ്യത്തിന്റെ ഘട അഭാവത്ത ഘട അഭാവം എന്ന് പറയുന്നത് രൂപവത്തായ പോലെ ദ്രവ്യത്തിന്റെ അഭാവമാണ്വത്തായ ദ്രവ്യത്തിന്റെ അഭാവം ആലോക നിരപേക്ഷ ചാക്ഷിഷ പ്രത്യക്ഷമായി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ രണ്ടിന്റെ അഭാവം ഒരുപോലെയല്ലേ ഘടാഭാവം രൂപവത് ദ്രവ്യാഭാവം തമസിന്റെ അഭാവം രൂപവത് ദ്രവ്യാഭാവം രണ്ട് സമൂഹമാണ് ആ നീലം തമസ് ചലതി രൂപമായിട്ടോ രൂപവത്തായിട്ടോ ദ്രവ്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് രൂപവത്താണ് രൂപം എന്ന് പറഞ്ഞാൽ ഗുണമായും അത് ഈ ദ്രവ്യമായിട്ട് തമസ്സിൻ ഘട അഭാവം എന്ന് പറയുന്നത് രൂപവത് ദ്രവ്യാഭാവം തമസവിടെ ഇരിക്കട്ടെ ആലോക അഭാവം എന്ന് പറയുന്ന രൂപവത് ദ്രവ്യാഭാവം അല്ലേ അപ്പോ അവിടെ ആലോകാഭാവം എന്ന് പറയുന്നത് രൂപവത് അഭാവമായിട്ടും ഘടാഭാവത്തെപ്പോലെ നിങ്ങൾ പറയുന്നു ആലോകനിരപേക്ഷ ഘടാഭാവത്തെ പോലെ രൂപവത് അഭാവമായിട്ടും ആലോക നിരപേക്ഷ ചക്ഷുവിഷയത്വത്തെ നിങ്ങൾ സ്വീകരിക്കുന്നു അല്ലേ ആലോക നിരപേക്ഷ ചക്ഷുവിഷയത്വം സ്വീകരിക്കുന്നുണ്ട് കാർഗേനും പറയുന്നുണ്ട് അഭാവത്തിന് വെളിച്ചത്തിന്റെ അഭാവപ്രത്യക്ഷത്തിന് ഏതെൻ്റെ ആലോക അഭാവപ്രത്യക്ഷത്തിന് വെളിച്ചത്തിന്റെ ആവശ്യമില്ല ആലോക അഭാവത്തിന്റെ പ്രത്യക്ഷത്തിൽ നോക്കുക ഘടാഭാവത്തെ നോക്കുക ആലോകാഭാവത്തെ നോക്കുക എന്നേ രണ്ടു രൂപഭാവമാണ് പക്ഷെ ഘട അഭാവപ്രത്യക്ഷത്തിന് നിങ്ങൾക്ക് വെളിച്ചം വേണം എന്നേ ഘടത്തിന്റെ അഭാവം പ്രത്യക്ഷമാണെങ്കിൽ വെളിച്ചം വേണം അത് രൂപവത് അഭാവമാണ് ഘടാഭാവം ആലോകാഭാവം എന്ന് പറയുന്നത് അത് രൂപവത് അഭാവമാണ് അവിടെ വെളിച്ചം വേണ്ട ഇതെന്ത് ന്യായമാണ് താർക്കേനോട് ചോദിക്കണം അല്ലേ പിന്നെ എന്താ വ്യത്യാസം ഇങ്ങനെ വന്നിരിക്കുന്നു മനസ്സിലായോ ഘടാഭാവം എന്ന് പറയുന്നത് രൂപവദ്രവ്യാഭാവമാണ് അവിടെ വെളിച്ചം വേണം താർക്കേനും പറയും അലോകാഭാവം തുടരുന്ന ഒരു ബോധ ദ്രവ്യഭാവം അവിടെ വെളിച്ചം വേണ്ട ഇതെന്താ ഇങ്ങനെ അനന്ത സമാനം പറയും സമർത്ഥ്യ കാര്യങ്ങൾ നീക്കുവാൻ ആലോകാഭാവം പ്രത്യക്ഷമാണ് അല്ലേ അപ്പോ തക്ഷിന്തിരലിന് അങ്ങനെ ഒരു സാമർഥ്യമുണ്ട് വെളിച്ചം കൂടാതെ തന്നെ ആലോകാഭാവത്തെ ഇത്രയും കൂടെ ഇര ഞങ്ങളും ഇര പറയുന്നു എന്താണ് തമസിന്റെ പ്രത്യക്ഷം ആലോക കൂടാതെ തന്നെ സാധിക്കും സാമ്പ്രത്യസ്ഥാരി നിങ്ങളും ഞങ്ങളും പറയുന്നതിന് എന്താ വ്യത്യാസം അപ്പോ ചോദിക്കും ഘടാഭാഗം അവിടെ എന്തിനാണ് വെളിച്ചത്തിന്റെ ആവശ്യം സാമർഥ്യസിയ കാര്യമൊന്നും അവിടെ വിളിച്ചുകൊണ്ടാണല്ലോ കാണുന്നത് പ്രത്യക്ഷമുണ്ടാവുന്നു വിളിച്ചുകൊണ്ടോ അപ്പൊ അവിടെ ചാഷപ്രത്യക്ഷം ഉണ്ടാകുന്നു എന്നുള്ള അംഗീകരിച്ചാൽ എന്റെ പിന്നിൽ സാമർഥ്യമുണ്ട് ചാഷപ്രത്യക്ഷണു കാര്യം രണ്ടും രൂപവത് അഭാവമാണെങ്കിലും ഒരിടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടോ അടുത്ത് വെളിച്ചത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഇവിടെ വ്യവസ്ഥ എന്തുണ്ടാകും സാമർഥ്യസ്യാ കാര്യമ്യത്വ ഞങ്ങൾ ഇവിടെ ഇത്രയാണ് പറയുന്നത് എന്നാണ് അതാണ് പറയുന്നത് അലോകാഭാവശ്യാവി അലോകാഭാവവും രൂപതഭാവത്തെയാണ് ായ ദ്രവ്യത്തിന്റെ അഭാവമാണ് അതുകൊണ്ട് ആലോക നിരപേക്ഷ ചക്ഷുവിഷയത്വം സിയാ അതിനും ആലോകനിരപേക്ഷമായ ചക്ഷുവിഷയത്വം വരാൻ പാടില്ല മനസ്സിലായോ വ്യതിരേക ദൃഷ്ടാന്തം കൊടുത്തിരിക്കുന്നത് ഘടാഭാവത്ത് എന്ന് പറഞ്ഞാൽ ഘടാഭവം എങ്ങനെയാണോ ആലോക സാപേക്ഷമായ ചക്ഷുവിഷയമായത് അതുപോലല്ല ഇവിടെ സംഭവിക്കുന്നു ഇവിടെ അങ്ങനെ വരാൻ ഘടാഭവത്തിൽ ആലോക സാപേക്ഷ ചക്ഷുവിഷയത്വമാണ് ഘടാഭാവത്തെന്ന് പറയുന്നത് നേരിട്ട് അന്യക്കരുത് ഘടാഭാവത്ത് ആലോകനിരപേക്ഷ ചക്ഷുവിഷയത്വം ഒന്നും ഉള്ളതല്ല ഘടാഭാവം ആലോകനിരപേക്ഷ ചക്ഷുവിഷയമാണോ അല്ല അപ്പൊ ബിതിരേ ദൃഷ്ടാന്തമാണ് ആലോകനിരപേക്ഷ ചക്ഷുവിഷയത്വം നൈവം തന്നെയം യഥാ ഘടാഭാവം അങ്ങനെയാണ് നേരിട്ട് അന്വേഷിച്ചവിടെ കുഴഞ്ഞു പോകും നൃത്തം വിടെ പറയുന്നു അപ്പൊ നിങ്ങൾ എന്ത് സമാ സമാനം പറയും ആലോകാഭാവം ആ ആലോകാഭാവം ആലോകനിരപേക്ഷ ചക്ഷുവിഷയത്വമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും അല്ലേ ആലോകാഭാവം ആലോക നിരപേക്ഷ ചക്ഷുവിഷയവുമാണ് എന്ന് പറയേണ്ടി വരും അതിന് എന്തുകൊണ്ട് എന്തായാലും നിങ്ങളങ്ങനെ പറയുമല്ലോ പറയുകയാണെങ്കിൽ ഞങ്ങളും പറയുന്ന എന്താണ് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തു പറയേണ്ടി വരും ആലോക അഭാവം എന്ന് പറയുന്നത് ആലോകവിരോധിയാണ് അല്ലേ പരസ്പരവിരോധമുള്ളതാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് എന്നാൽ ആലോക അഭാവം ഉള്ളിടത്ത ഇല്ല ആലോക അഭാവം ഉള്ളിടത്ത് അതാ കാരണം ആലോകോണ താലോക അഭാവവും ഇല്ല പരസ്പര വിരോധമാണ് ഒന്നിനും മറ്റൊന്നിനോട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആലോകഭാവം ഇതാണ് ആലോകനിരപേക്ഷ ചക്ഷവിഷയമാണ് അങ്ങനെയാണെങ്കിൽ പറയുന്നു ഞങ്ങളുടെ തമസും ആലോകവിരോധിയാണ് പരസ്പര വിരോധമാണ് ആലോകത്ത് തമസ്സില്ല തമസ്സിലുള്ള താലോകുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ തമസിന്റെ പ്രത്യക്ഷവും തദ്വിരോധിതയാ തദ്പേക്ഷത്വം ആലോകവിരോധിയായതുകൊണ്ട് ആലോക അനപേക്ഷമാണോ മനസ്സിലായോ ഞങ്ങളുടെ അഭാവം എങ്ങനെയാണോ ആലോകവിരോധിയായ കൊണ്ട് ആലോകത്തെ അപേക്ഷിക്കാത്തത് ഞങ്ങളുടെ തമസ് ആലോകവിരോധിയായതുകൊണ്ട് ആലോകത്തെ അപേക്ഷിക്കുന്നില്ല തദ്വിരോധിതയാ തദ്നപേക്ഷത്വം പ്രകൃതിയെ വിസമാനം പ്രകൃതിയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃത ചാക്ഷിപ്രത്യക്ഷേ തമസ ചാക്ഷേ അവി സമാനം അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് ആണല്ലോ ഒരു വ്യത്യാസവും എന്താണ് ആലോകനിരപേക്ഷ ചാക്ഷ വിഷയത്വം രണ്ടുപേർക്കും ഒരുപോലെയാണ് നമ്മൾ രണ്ടു ഒരു കാര്യമാണെന്ന് പറയുന്നു ഒരു സിദ്ധാന്തമാ പറയുന്നു പിന്നെന്താ വ്യ വ്യത്യാസം അഭിനിവേശാദ് അന്യത്ര എന്ത് അഭിനിവേശാദ് അന്യത്ര സമാനം സമാനത അഭിനിവേശം എന്ന് വെച്ചാൽ ദുരാഗ്രഹം അന്യത്ര ദുരാഗ്രഹം ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്താണ് അതഭാവമാണ് അഭിനിവേശാതെ അന്യത്ര സമാനം നമ്മൾ എന്തൊരു അഭിപ്രായ ഐക്യത്തില് നമ്മളിപ്പോൾ രണ്ടു കൂട്ടരും വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വോട്ടൊരാക്കു എന്നാൽ നിങ്ങൾ ഇടതുപക്ഷം ഞങ്ങൾ വലതുപക്ഷം ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള വ്യത്യാസം അപ്പം നിങ്ങൾക്ക് ഒരു ദുരാഗ്രഹം ഞങ്ങളെ ഇടതുപക്ഷം ആയിരിക്കേ ഉള്ളൂ ഞങ്ങൾക്കൊരു ദുരാഗ്രഹം ഞങ്ങൾക്ക് ദുരാഗ്രഹമൊന്നുമില്ല ഞങ്ങൾ സത്യം പറയുന്നവരാണ് നിങ്ങൾക്കൊരു ദുരാഗ്രഹം ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും അവിടെ നിങ്ങൾക്കൊരു മുറുകെ പഠിത്തം എന്താണ് തമസെന്ന് പറയുന്നത് പ്രകാശഭാവമാണ് അതൊഴികെ നമ്മൾ എല്ലായിടത്തും യോജിച്ചു ഒരു പക്ഷമാണ് ഇതങ്ങ് മാറ്റിയാൽ മതി എന്താണോ ആ പക്ഷം വിട്ടിട്ട് ഞങ്ങളുടെ പക്ഷത്തേക്ക് വരിക തുമസ് ആലോകവിരോധിയായ രൂപ ദ്രവ്യമാണ് പ്രശ്നം എന്തോ ഇതിനകത്തൊരു പോരായ്മ ഇത്തരം വാദത്തിൽ പൊതുവെയുള്ള പോരായ്മ എന്താണ് പോരായ്മ ഞങ്ങൾ പറയുന്നിടത്തൊരു ദോഷമുണ്ട് ആ ദോഷം നിങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് ബരാബർ എന്ന് പറഞ്ഞാൽ ശരിയാവും ദോഷത്തിന് പരിഹാരമായ ഇതാണ് ദോഷം പക്ഷേ വാദത്തിൽ അംഗീകരിച്ചാ പോകുന്നു പരസ്പരം വാദപ്രവാദമല്ലേ അപ്പോൾ ആലോകനിരപേക്ഷ രൂപവത്തായ ഒരു ദ്രവ്യത്തിന് ആലോകനിരപേക്ഷ ചക്ഷു വിഷയത്ത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ് അതിനൊരു ദൃഷ്ടാന്തം കിട്ടുമോ വേറെ എവിടെയെങ്കിലും കിട്ടുമോ രൂപവത്തായ ഒരു ദ്രവ്യം ആലോകനിരപേക്ഷ ചക്ഷു വിഷയത്ത് നിങ്ങളുടെ മേലിൽ ഒരു ദോഷമാണല്ലോ എന്ന് പറയുമ്പോൾ ഈ ദോഷം നിങ്ങളിലുമുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷം മാറുമോ അപ്പൊ ദോഷത്തിന്റെ സമീകരണം ഞങ്ങൾക്കും ഉണ്ടാകുന്ന ദോഷം നിങ്ങൾക്കും ഉണ്ടാകുന്ന വർഷം അതുകൊണ്ട് ഇനി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് പാർട്ടികൾ അവൻ കരിഞ്ചത്തക്കാരനാണ് അവൻ കള്ളപ്പണക്കാരനാണ് കള്ളനോട്ടടിക്കാരനാണ് അഴിമതിക്കാരനാണെന്ന് അങ്ങോട്ടിങ്ങോട്ട് രണ്ടു കക്ഷികൾ ആരോപണം നടത്തി അവസാനം രണ്ടു വർഷത്തും ഇതൊക്കെ ഉണ്ടെന്ന് തെളിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്നാൽ നമുക്കിനി മുമ്പോട്ട് പോയി ഈ വിഷയം ഇനി ആരോപണം ഇനി ഉന്നയിക്കണ്ട സാധാരണ രാഷ്ട്രീയത്തെ കാണുന്ന ഒരു രീതിയാണ് ഒരു ആരോപണവും മറ്റൊരാളും ആരോപണവും ഇത് രണ്ടുപേരെയും ബാധിക്കുന്നതെന്ന് കഴിഞ്ഞാൽ എന്ത് വരും രണ്ടുപേരും അത് നിർത്തിയിട്ട് വേറെ വിഷയങ്ങളേ പ്രശ്നം പരിഹരിക്കും കള്ളപ്പണക്കാരും കള്ളപ്പണക്കാരും പക്ഷെ തൽക്കാലം രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ചക്ഷപ്രത്യക്ഷം എന്ന് വരുമ്പോൾ എന്തായാലും ശരിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഇരിക്കും മറ്റവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് പാർക്കിയന് കുറച്ചുകൂടി സൗകര്യമുണ്ട് എന്താണ് പാർക്കിംഗ് പറയുന്നത് ആലോക അഭാവം അല്ലേ ആലോകവിരോധിയാണ് അതുകൊണ്ട് അവിടെ അതിന്റെ പ്രത്യക്ഷത്തിന് ആലോകത്തിന് ലാഭം ആവശ്യമില്ല എന്നുവെച്ചാൽ ഡയറക്റ്റ് ആൻസറാണ് ആലോക അഭാവത്തിന്റെ പ്രത്യക്ഷ ആലോകം കൊണ്ട് എങ്ങനെയുണ്ടാകും ആലോകം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആലോകാഭാവം കാണത്തില്ല അതാ പ്രശ്നം ഇനി പറയുകയാണ് ആലോക അഭാവത്തിന്റെ പ്രത്യക്ഷ ആലോകം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് വരേണ്ടി വരും ആലോകം എന്നാ എന്ത് സംഭവിക്കും അലോക പ്രത്യക്ഷ ഉണ്ടാകത്തില്ല അവർ പറയുന്ന കുറച്ചുകൂടെ നേർമയാണ് അത് ഇനി പറയുമ്പോ അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ് അതിന്റെ പ്രത്യക്ഷത്തിന് വേണ്ടി ആലോകാഭാവത്തൂടെ സ്വീകരിക്കണം ഇപ്പൊ രണ്ടു കാര്യങ്ങളും ഇനി അംഗീകരിക്കേണ്ടി വരും ഒന്നെന്താണ് ആലോക അഭാവത്തെ അല്ല തമസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ദ്രവ്യമാണ് അത് ആലോകവിരോധിയാണ് അതുകൊണ്ട് അതിരിക്കുന്നിടത്ത് ആലോക അഭാവം വരും അതിന്റെ പ്രത്യക്ഷത്തിന് ആലോകാഭാവം കൂടെ വേണം അപ്പോ ആലോക തമസിന ദ്രവ്യവുമായി സ്വീകരിച്ചാലും ആലോക അഭാവത്തെ അതുപേക്ഷിക്കാൻ വയ്യ ഇതാണ് ഏ അപ്പൊ ആലോകാഭാവം ഉണ്ട് അങ്ങനൊരു സാധനം ഉണ്ട് എന്നാ തമസന്ന് പറയുന്ന ഒരു ദ്രവ്യവുമുണ്ട് അലോക സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇതിന്റെ വെഞ്ചകം അതല്ലേ പറയുന്നു അപ്പോ അല്ലെങ്കി എന്താ പ്രശ്നം വരുന്നത് തമസിന്റെ പ്രത്യക്ഷമുണ്ടാകുന്നിടത്ത് ആലോക അഭാവത്തെ സ്വീകരിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ആലോകം അവിടെ ഇരിക്കും ആലോകം ഇരുന്ന പിന്നെ തമസ് കാണൂ അതുവരെ ഒരു മനസ്സിലായോ തമസിന്റെ പ്രത്യക്ഷം ഉള്ളിടത്ത് ആലോക അഭാവത്തെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആലോകത്തെ അംഗീകരിക്കേണ്ടി വരും ആലോകത്തെ അംഗീകരിച്ച ഈ പറഞ്ഞതിന് വിരോധം എന്താണോ ആലോകവിരോധിയായ ദ്രവ്യമാണ് എന്നുള്ള സംഗതി പോകും അപ്പോ അതുകൊണ്ടാണ് എന്തു പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്താണ് ഉപലംബകത്തെ സംബന്ധിച്ചാണ് എങ്ങനെയാണ് പ്രത്യക്ഷമാവും അവിടെ അദ്വൈതി പറഞ്ഞത് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യു ഞാനും കള്ളപ്പണക്കാരനാണ് നമുക്ക് ഈ വിഷയം വേറെ എന്തിനെങ്കിലും ചർച്ച ചെയ്യാം മുമ്പോട്ട് പോകാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കും ദോഷമുണ്ട് ഞങ്ങൾക്കും ദോഷമുണ്ട് ഞങ്ങളെ കുറ്റം പറയരുത് നിങ്ങളെ കുറ്റം പറയരുത് എന്ന് രണ്ടിനെ അംഗീകരിക്കേണ്ട അതുകൊണ്ടാണ് ശരിക്കും സിദ്ധാന്തത്തിൽ വരുമ്പം ചാക്ഷുഷമായിട്ട് സ്വീകരിക്കുന്നില്ല എന്താണ് സാക്ഷി വേദ്യം സ്വരാദ്ധാന്തം തച്ചാക്ഷിഷം പുന ആചാര്യ അസാധയത് യുക്തിവൈഭവം സംവിഭാവയൻ അമ്പത്താറാമത്തെ പേജ് കൊടുത്തിട്ടുണ്ട് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സാക്ഷിവേദ്യം സ്വരാദ്ധാന്തേ രാക്ഷപ്രത്യക്ഷമല്ല താമസെന്താണോ സാക്ഷിവേദ്യമാണ് ഏതുപോലെ രജ്ജസർപ്പം പോലെ രജസർപ്പം എന്താണോ മരുമരിചിക എല്ലാം സാക്ഷിവേദ്യമാണ് അണു സ്വരാദ്ധ്യാന്തേ സാക്ഷിവേദ്യം ദ്വാന്തം എന്നാണ് പിന്നെ പുനഃത്വ ചാക്ഷുഷം ആചാര്യോ അസാധേയർ പക്ഷെ ഇവിടെ ആചാര്യൻ ആര് ശുസുകാചാര്യൻ ചാക്ഷുഷമായിട്ട് ഇവിടെ സമർത്ഥിച്ചു സമർത്ഥിച്ചെന്ന് വെച്ചാൽ അറ്റാക്ക് മാത്രമല്ല ബ്ലോക്കിംഗ് ചെയ്തിട്ടാണ് ഒഴിഞ്ഞു മാറിയും കൂടെയാണ് അല്ലേ ഏ ഒഴിഞ്ഞു മാറിയാ സമർത്ഥിച്ചത് എങ്ങനെ നിങ്ങൾക്കും ദോഷം ഞാൻകുന്തോഷം ഓരോ തീർപ്പിലെത്തുകയാണ് പ്രശ്നം എന്നാലും ഇവിടെ പറയുന്ന എന്താണ് ചാക്ഷും പുന ആചാര്യ അസാധേയ എന്തിന് സ്വയുക്തിവൈഭവം വിഭാവയൻ തന്റെ യുക്തിവൈഭവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് സാക്ഷത്വം സമർത്ഥിച്ചിരിക്കുന്നു എന്നാണ് എന്നു പറഞ്ഞാൽ ഇത് സാക്ഷി വേദ്യം എന്നല്ല പറഞ്ഞത് എന്നാലും നിങ്ങളുടെ ആചാര്യൻ തൻ്റെ യുക്തിവൈഭവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ചാക്ഷോ എന്നങ്ങ് പറഞ്ഞേ ഉള്ളൂ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തർക്ക എന്ന അവസാനം പറയുന്ന ഇതാണ് സാക്ഷി വേദ്യം സ്വരാ ദ്വാദം തച്ചാക്ഷിരം പുനഃ ആചാര്യോ അസാധ യുക്തി വൈഭവം സ്വമിഭാവേ ഇനിയിപ്പോ സാക്ഷി വേദ്യമായാലോ ഈ തമസ്സെന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും ഉറക്കം കിടത്തുന്ന ഒരു സാധനമാണ് എല്ലാവരുടെയും വാസ തമസ് ഉറങ്ങാനുള്ളതാണ് ലൈറ്റ് ഓഫ് ആക്കിയില്ലേ നമ്മൾ ഉറങ്ങത്തുള്ളു പക്ഷേ ഇത് താർക്കികനായാലും ശരി അദ്വൈതമായാലും ശരി ആരുടെയും ഉറക്കം കൊടുക്കുന്നൊരു സാധനമാണ് ഇനിയിപ്പോൾ ഇത് സാക്ഷി വേദ്യമെന്ന് പറഞ്ഞാലും അതുക്കും മേലെ പോവും അവിടെ നിൽക്കത്തില്ല നിർത്താൻ ഒക്കത്തില്ല അതാണ് തോമസിൻ്റെ ഒരു സ്വഭാവം പിന്നെ വാദപ്രതിവാദത്തിൽ ഒരാളെ പരാജയപ്പെടുത്താന്ന് പറയുന്നത് എന്താണ് സ്വവൈഭവം വൈഭവം സ്വവിഭാവേൻ യുക്തി വൈഭവത്തെ പ്രകടിപ്പിക്കാം അതുകൊണ്ട് യുക്തിയില്ലാതെയൊക്കെ പറ്റുമോ ചർച്ച ചെയ്യാൻ പറ്റും അത്രേയുള്ളൂ അപ്പോ ഈ പറഞ്ഞ പ്രശ്നം ഒരു എന്താണ് നിങ്ങൾക്കെന്താ ഞങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഇരട്ടും ഒരു അഭാവവും രണ്ടെണ്ണം വേണ്ടി വന്നില്ലേ യുക്തി വൈഭവം അല്ല യുക്തിയുടെ സാമർഥ്യം യുക്തി സാമർഥ്യം എന്ന് വെച്ചാൽ തർക്കിക്കാനുള്ള കഴിവുണ്ടല്ലോ ഓരോരുത്തർക്കും ഇത് തന്റെ യുക്തിയുടെ മഹത്വം വൈഭവം സാമർഥ്യം എന്തിനാ താർക്കികനെ ഖണ്ഡിച്ചിട്ട് ഇത് ചൌക്ഷമാണ് എന്ന് സമർത്ഥിക്കാനുള്ള തൻ്റെ വഴി ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ പഠിപ്പിക്കുന്നവരൊക്കെ ഒരു ചിരിയൊക്കെ വരുന്നതാണ് താർക്കികം പൊളിഞ്ഞ് പാളീസായി എന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്കത് തോന്നിട്ടില്ല താറക്കിയൻ അങ്ങനെ അങ്ങനെ തോന്നു അങ്ങനെ തോന്നത്തില്ല പക്ഷെ അദ്വൈതുകളിൽ നിന്നൊരു കുരുങ്ങി ചിരിയൊക്കെ ചിരിക്കുക താറക്കിയന്റെ കഥ കഴിച്ച് ഇനി അവൻ പക്ഷെ അവസാനം വന്ന് പറഞ്ഞു നിർത്തുമ്പോഴും എന്താ പറയുന്നത് ചക്ഷോന്നുള്ള അല്ല ഞങ്ങളുടെ സിദ്ധാന്ത അദ്വൈതീം പറയുന്നത് നീക്കാൻ പ്രയാസമാണ് പിടിച്ചു നീക്കാൻ പ്രയാസമാണ് ഇത് സുനാമിയിലെ വെള്ളപ്പൊക്കം പോലെയാണ് എതിരെ നിന്നാ മറിച്ചിടും അല്ലേ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കാരണം നിങ്ങളിപ്പോ അദ്വൈതിയോട് പറയുന്നു നിങ്ങൾക്ക് പോരായ്മ ഉണ്ടല്ലോ നിങ്ങൾ ചാക്ഷത്വം സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ദ്രവ്യത്തെയും സ്വീകരിച്ച ഒരു അഭാവത്തെയും സ്വീകരിച്ചല്ലോ അദ്വീതയോട് പറയുന്നു ഞങ്ങളൊന്നിനെ സ്വീകരിച്ചതല്ല പ്രകാശ അഭാവം ഞങ്ങളുടെ വകയല്ല നിങ്ങളുടെ വകയാണ് ആണല്ലോ താർക്കികൻ്റെ വകയാണ് പ്രകാശത്തിൻ്റെ അഭാവം പിന്നെ തമസ് അത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ് അപ്പം പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന തമസിനെയും നിങ്ങളുടെ പ്രകാശഭാവത്തെയും കൂടെ ഞങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ദോഷം വരുന്നത് ഇതാണ് അദ്വൈതിയുടെ നിലപാട് നിങ്ങൾ ദോഷമൊന്നും പറയാൻ പറ്റില്ല കാരണം അദ്വൈതി പറയുന്നത് പ്രത്യക്ഷസിദ്ധം എന്ന് പറഞ്ഞാൽ ചാക്ഷൂഷമാണ് എന്നാണ് വീണ്ടും അദ്വൈതി അവിടെ തന്നെ ഇരിക്കും ഞങ്ങൾക്കിത് ചാക്ഷൂഷമാണ് വീണ്ടും ആ ചോദ്യം വരും രൂപത്തായ ദുരുവ്യോമ നിങ്ങൾ ചാക്ഷവും പറയാൻ പറ്റും അതിങ്ങനെയാ പറയാൻ പറ്റുന്നു അവസാനം വന്നു വന്ന് അദ്വൈതം എന്തു പറയുന്നറിയാമോ പണ്ടൊങ്ങാണ്ട് പ്രാഭാകരം പറഞ്ഞ അവസാനം പറയും അപ്രതീതവും ഇതല്ല ഒരു ഭ്രമമാണ് ഇതൊക്കെ ഒരു ഭ്രമമാണ് മൊത്തം ഭ്രഹം പിന്നെ ഇത് മാത്രം തന്നെ ബ്രഹ്മുള്ള അങ്ങനെ പറയുമ്പോ പിന്നെ തർക്കം എവിടേക്ക് പോവും ബ്രഹ്മത്തിലേക്ക് പോവും വിഷയം വിടും അതെന്തായി നിങ്ങൾ ബ്രഹ്മം എന്ന് പറയും എന്നാ നോക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പിന്നെ ചർച്ച ബ്രഹ്മത്തിലേക്ക് അവസാനം അങ്ങനെയൊക്കെയാ പോലകാര്യങ്ങളും അങ്ങനെ നമ്മുടെ യുക്തി വൈഭവം കൊണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ ഇത് ഒന്ന് നോക്കുക നോക്കുക അതുകൊണ്ടല്ലേ ഭാഷകാലം പറഞ്ഞെന്താണ് തർക്കം ഒരു തീരുമാനത്തിലും എത്തത്തില്ല അതുകൊണ്ട് തീരുമാനിക്കാൻ പ്രയാസമാണ് തർക്കത്തിലൂടെ സ്വീകരിക്കുന്നില്ല ഏഹ് എല്ലാ ഭാവവും ഉണ്ടല്ലോ കടാഭാവം സ്വീകരിച്ചാ പ്രകാശഭാവത്തെ സ്വീകരിച്ചുകൂടി അപ്പൊ പ്രകാശം തമസ് വേറെ ദ്രവീയമല്ലേ പ്രകാശഭാവം അതുമായിട്ട് എന്താ തമസ് വന്നിട്ട് എന്തെയ്തു പ്രകാശത്തെ നശിപ്പിച്ചപ്പോ അവിടെ പ്രകാശഭാവം അനന്ത കുഴപ്പം മനസ്സിലായോ നിങ്ങള് തമസ് കാണുന്നുണ്ടോ ഇരുട്ട് കാണുന്നുണ്ടോ പ്രകാശമുണ്ടോ ആ അതെയല്ല അപ്പം ഇരുട്ട് കാണുന്നുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് പ്രകാശം നശിച്ചെങ്കിൽ പ്രകാശാഭാവം ഉണ്ട് രണ്ടുമുണ്ട് രണ്ടുമുണ്ടല്ലോ എങ്ങനെ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ നോക്കും എന്താ ആകാശത്താ ഇന്നത്തെ കാണുമ്പോഴ് ആ തമസ് ആണ് അതെങ്ങനെ പറയാൻ പറ്റും തമസ് കൂടുതലെന്ന് പ്രകാശം മാത്രമേ പ്രകാശം ഒരുപാട് ക്ഷത്രങ്ങളും അതും ഇതൊക്കെ പ്രകാശിക്കല്ലേ അതും നമുക്കറിയത്തില്ലോ ഇത് എത്ര ഇത് എവിടെയൊക്കെയാണ് ഈ ബൾബുകൾ കട്ടിത്തൂപ്പിയിരിക്കുന്നത് നോക്കിയ ഐഡിയ ഉണ്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യമാണ് പ്രപഞ്ചത്തിന്റെ വിസ്തൃതി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എത്രമാത്രം പ്രകാശി എത്രമാത്രം ഇരുട്ട് അതൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല ഇരുട്ടിനെ കുറിച്ച് പറയാൻ പറ്റില്ല അതുമല്ല ഇരുട്ടെന്ന് പറയുന്നത് അങ്ങനെ ഈ ഡാർക്ക്നെസ് അല്ല മോഡേൺ സയൻസ് പറയുന്നത് ഒരു ഡാർക്ക് മാറ്ററിനെ കുറിച്ചാണ് അതുപറയുന്നത് ഫോട്ടോൺസ് അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്നാണ് കറുത്ത പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ കറുത്ത പെയിന്റ് അടിച്ചാൽ എന്താ സംഭവിക്കുന്നത് പ്രകാശത്തിലെ ഫോട്ടോൺസ് അത് അബ്സോർവ് ചെയ്യും അപ്പോൾ അത് ഇരുണ്ടിരിക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് പ്രകാശം ഇല്ലെന്ന് തന്നെ പറയുന്നത് അബ്സോർവ് ചെയ്ത് അവിടെ എവിടെയെങ്കിലും കാണും അതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ ഡാർക്ക് മാറ്റം അത് ഡാർക്ക് നെസ്സല്ല മാറ്റുപേരെ ഡാർക്ക്നെസ് ഉണ്ട് ഡാർക്ക്നെസ് അവര് പറയുന്നത് വിസിബിൾ ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്നാണ് ഇന്ന് പറയുന്നത് താർക്കിയും പറയുന്ന പോലെയാണ് എന്താ ആബ്സെൻസ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്നാ പറയുന്നു പൊതുവെ പറയുന്നത് അങ്ങനെയാണ് താർക്കിയും പറയുന്ന പോലെയാണ് ആബ്സെൻസ് ഓഫ് വിസിബിൾ ലൈറ്റ് അല്ലല്ല എന്താണ് ഡാർക്ക് അബ്സെൻസ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രകാശം നമ്മൾ കാണുന്ന പ്രകാശം ഇല്ലാതിരിക്കുക അതാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് പൊതുവെ ഫിസിക്സിനും മറ്റുപോലെ വേറെ ഡെഫൻഷയുണ്ട് പൊതുവേ പറഞ്ഞവരുന്നങ്ങനെയാണ് അബ്സെൻസ് ഓഫ് വിസിബിൾ ലൈറ്റ് അത് പറയുമ്പോ സംഗതി വേറെയാണ് അത് താർക്കിയം പറയുന്നതുമായിട്ടാണ് യോജിച്ച് വരുന്നത് ഡാർക്ക് മാറ്റർ വേറെ അപ്പോ ഈ ഇന്നത്തെ സയൻസിന്റെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ പല വ്യാഖ്യാനങ്ങളാണ് അത് പല സയൻസിൽ തന്നെ പല വ്യാഖ്യാനങ്ങളാണ് അതുമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവര് ഈ പറയുന്ന ഒരു യുക്തി വച്ചിട്ട് അല്ലേ ഇന്നിപ്പോ ലൈറ്റിന്റെയും ഡാർക്ക്നെസ്സിന്റെയും വേഗത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നുണ്ട് രണ്ട് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഡാർക്ക്നെസ് രണ്ടിന്റെ വേഗത്തെക്കുറിച്ച് ലൈറ്റിന്റെ വേഗം എന്താണ് മൂന്ന് ലക്ഷം കിലോ കിലോമീറ്റർ ആ പണ്ട് ഞങ്ങൾ പിടിച്ച മൈലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പണ്ട് സാറുമാർ തള്ളിപ്പടിപ്പിച്ചാണ് അത് ലൈറ്റിന്റെ വേഗത അതിലും വലിയ വേഗതയുണ്ടെന്നാണ് പറയുന്നത് ഇരുട്ടിന് അങ്ങനെ പറയുന്ന പക്ഷമുണ്ട് എന്ന് വെച്ചാൽ സെവൻ പോയിന്റ് ഫൈവ് ടൈംസ് ഭൂമിയെ കറങ്ങി വരാം ലൈറ്റിന്റെ വേഗത്തിൽ സഞ്ചരിച്ച എന്നാ പറയുന്നത് ഒരു മാറ്ററും ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അത്രയും വേഗത്തിൽ ലൈറ്റ് സഞ്ചരിക്കും അതിന് വേഗത്തി എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല ഇതൊക്കെ പൊതുവിവരമാണ് അങ്ങനെ കുറിച്ചും ഇപ്പം പഠനം നടത്തുന്നു അത് ചോദിച്ചാൽ ഏതെങ്കിലും ഫിസിക്സ് പ്രൊഫസറടുത്ത് ചോദിക്കും എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്താണ് ദ്രവ്യമാണ് അതാണ് ഇങ്ങനെയൊക്കെ ഒരറിവുണ്ടെന്ന് ഞാൻ പറയുക ഡാർക്ക്നെസിനെ കുറിച്ച് എന്താണ് എന്നുള്ള സയൻസ് പറയുന്നതെന്നറിയണല്ലോ നമ്മള് നമ്മൾ ഈ പഴയ ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നുള്ളവരെന്ത് ചിന്തിക്കുന്നു ഡാർക്ക് മാറ്റർ എന്താണ് ഡാർക്ക്നെസ് എന്താണ് ലൈറ്റ് എന്താണ് അതൊന്നിച്ച് നമുക്കതിനെ കുറിച്ച് വിശദമായി അറിയാനുള്ള സോഴ്സ് ഒന്നും നമുക്കില്ല സാമാന്യം ഇങ്ങനെയൊക്കെയാ പറയും പക്ഷെ അത് നോക്കുമ്പോൾ താർക്ക്യം പറയുന്നതിനോടാണ് അബ്സൻസ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ താർക്കീ അത് തന്നെയാ പറയുന്നത് ഏത് ആ അത് പിന്നെ എങ്ങനെയൊക്കെയോ അത് വേറെ കാര്യം നമ്മൾ അങ്ങോട്ട് പോയാൽ അവരുടെ അടുത്ത് എത്തത്തില്ലോ ഇതും പോകും അതും പോകും രണ്ടിലും ഒന്നും പറ്റത്തില്ല അപ്പോ ഇത് തർക്കീയൻ പറയുന്നിടത്ത് തർക്കീയൻ അങ്ങനെ കഴിയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അത് ഇത് പറയുന്ന പോലെ എന്താണോ തമസം എന്ന് പറയുന്നത് അവിദ്യയുടെ ഒരു ഏ അളിയൻ എന്നങ്ങ് പറഞ്ഞ പ്രശ്നത്തിൽ എന്ന് പറഞ്ഞാൽ മതി ഏ ഒരാത്ഥം ആണ് മലയാളത്തിൽ എല്ലാവരും അളിയാന്ന് വിളിക്കും അതെന്നു പരീകാരയും വിളിക്കും അതുപോലെ അവിദ്യയുടെ ഒരാകുന്നത് എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റൂ തമസ് ആർക്കും പിടികൊടുക്കുന്ന എനിക്ക് തോന്നില്ല അത് ആധുനിക ശാസ്ത്രത്തിനും പിടികൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും പിടികൊടുക്കുന്ന ഒരു സാധനമല്ല തമസ് എല്ലാവരുടെയും ഉറക്കം കൊടുത്തുന്ന ഒരു സാധനമാണ് പിന്നെ ഇത് പ്രത്യക്ഷമാണ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല താർക്കിഹനം അംഗീകരിക്കാം പക്ഷെ അതിന്റെ സ്വരൂപം എന്താണ് വെളിച്ചത്തിന്റെ അഭാവമാണോ അതോ അതൊരു ദ്രവ്യമാണോ എന്നുള്ള ദ്രവ്യമാണെന്ന് പറഞ്ഞാൽ അതെന്റെ ഉപലംഭകം എന്താണ് പ്രത്യക്ഷം ചുഷണീന്ദിരം തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞു തീർത്തുന്നത് അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നു ച്ചാ നിമേലസ്യ ലോചനം വ്യാപാര അഭാവി തമസ് അചാക്ഷസത്വം ഒരു ചോദ്യം ആരോ ഒരാളൊരു ചോദ്യം ചോദിച്ചു താർക്കീയൻ ആണെന്ന് പറയാൻ പറ്റില്ല താർക്കീയന് അങ്ങനെ ഒരു കൂർവശമുണ്ട് പിന്നെ ഈ വാദപ്രതിവാദം വരുമ്പോഴേ നമുക്ക് സാറിന് എതിരെ നമുക്ക് ആരുടെങ്കിലും ഒരു വിരോധം വന്നുകഴിഞ്ഞാൽ ഒരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സാറിന് എന്താ ചെയ്യുന്നത് അയാളുടെ എതിരെ ഏതെങ്കിലും ഒരു ദോഷം പറഞ്ഞിട്ട് അയാളെ അയാളെ മോശം അയാളെ മോശമാക്കാൻ ശ്രമിക്കും അതുപോലെ ആ ദോഷം അയാളെ കാണത്തില്ല ഇപ്പം ഇങ്ങനെ ഒരു അഭിപ്രായം ഈ പറയാൻ പോകുന്നൊരഭിപ്രായം താർക്കികനില്ല എന്നാലും ഒരു ദോഷം താർക്കേന്റെ മേളിൽ കെട്ടിവെച്ചിട്ട് അയാളൊന്ന് അടിച്ച് താഴ്ത്തി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവരല്ലേ ഇത്രയും അബദ്ധം പറഞ്ഞവരല്ലേ എന്നൊന്ന് സമർത്ഥിക്കാൻ എന്താണ് പറയുന്നത് കണ്ണടച്ചിരിക്കുന്നവർക്കും ഇരട്ടിന്റെ പ്രത്യക്ഷമുണ്ട് അവിടെ ചക്ഷീന്തിരിയും പ്രവർത്തിക്കുന്നില്ലല്ലോ അദ്വൈതയോട് ചോദിക്കുകയാണ് ആരോ ഒരാൾ കണ്ണടച്ചിരിക്കുന്നവർക്ക് ഇരുട്ടിന്റെ അനുഭവം ഉണ്ട് ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലല്ലോ അപ്പോൾ ഇരുട്ട് ചാക്ഷിഷമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന അദ്വൈതിയോട് ആരോ ഒരാളൊരു ചോദ്യം ശൂന്യതയിൽ നിന്നൊരു ചോദ്യം വേണമെങ്കിൽ പറയാം താർക്ക്യം ചോദിക്കത്തില്ല അതാണെന്നുവച്ചാൽ നിമിലത നയനസ്യ കണ്ണടച്ചവന് ലോചനം വ്യാപാരഭാവേപി കണ്ണിന്റെ പ്രവൃത്തി ഇല്ലെങ്കിലും തമസ വലംഭ അതവിടെ ഇരട്ട് ബുലംഭമുണ്ട് പ്രത്യക്ഷമുണ്ട് ആ ചാക്ഷത്വം പിന്നെ ഇങ്ങനെ ചാക്ഷത് അങ്ങനെ വരാൻ പറ്റും അതിനു സമാനം പറയുന്നു തത്രാവി പഷ്മ പടല അന്തർവർത്തി തമസ ചക്ഷു വ്യാപാര ദേവപുലബ്ധേഹേ അദ്വൈത് പറയുന്നു അവിടെയും ചക്ഷുരിന്ദ്രിയും പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് ഈ പഷ്മപടലം ഈ കൺപോളകൾക്ക് ഉള്ളിലിരിക്കുന്ന ഇരുട്ടിനെ കണ്ണു തന്നെയാണ് അവിടെ കാണുന്നത് അവിടെ ഇരുട്ട് കണ്ണിൻ്റെയും കൺപോളയുടെ ഇടയിലിരിക്കണ ഇരുട്ട് അതിനെ കാണുന്നുണ്ട് കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് ഈ നേരത്തെ കാർഗികം പറഞ്ഞതാണ് സ്വന്തം സിദ്ധാന്തമായിട്ട് തത്രാവി പഷ്മപടല അന്തർവർത്തി പഷ്മപഢലത്തിന്റെ ഉള്ളിൽ വർത്തിയ തർ വ്യാപാരതാപലബ്ധി ചക്ഷു വ്യാപാരം കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഏതുപോലെ പിഹിത കർണ കുടസ്ത്ര വ്യാപാര ദൈവ അവാന്തര ശബ്ദോപലബ്ധിവ അങ്ങനൊരു ഉദാഹരണം പറയുന്നു കണ്ണു അടച്ചു വെക്കുക ഒച്ച കേൾക്കുന്നുണ്ടല്ലോ അപ്പോ അതെങ്ങനെ കേൾക്കുന്നു ഏ അത് ശ്രോത്രേന്ദ്രിയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് അടച്ചു വെച്ചെന്ന് വിചാരിച്ച് ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുകയായിരിക്കില്ല ഉള്ളിലുള്ള ശബ്ദം കേൾക്കുകയാണ് ഇതുപോലെ തന്നെ കണ്ണടച്ചു വെച്ചാലും ഉള്ളിലുള്ള തമസ്സ് കാണും അവിടെയും ചക്ഷികേന്ദ്രിയം പ്രവർത്തിക്കുന്നു എന്നാണ് വിഹിത കർണ കണ് അപയിലാ പോയി എങ്ങനെയാണ് അപിഹിതം പിഹിതം അഷ്ടിബാഗുരല്ലോപം അവാപ്യോരവ അപിയസർഗയോ ആപഞ്ചൈവ ടച്ചു വെച്ചു കഴിഞ്ഞാണ് പ്രവൃത്തി കൊണ്ട് തന്നെ ആന്തരശബ്ദോപലബി വത് ആന്തരശബ്ദം കേൾക്കുന്നത് പോലെ വെളിച്ചത്തിന്റെ സഹായം കൂടാതെ കണ്ടടച്ചാൽ ഇരുട്ടിന്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇരട്ടി ചാക്ഷുഷമാണ് ലൈറ്റ് ഈസ് നോട്ട് നെസറി ഫോർ തമ that is a discourse here hmm ah. here inside the tamas is there which you can see light is known as rekur tamas that both agree dviji and nayayika both agree light is not for Already മ പ്രത്യക്ഷം ആൾറെഡി ദീച്ച് ഐ മ്യൂച്ചൽ അണ്ടർസ്റ്റാൻഡിംഗ് എക്സാമ്പിൾ ഫോർ ഇൻസൈഡ് ദ തമസ് യു കെൻ സി സെയിം ഹിയർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബോത്ത് ഇലോസ്ഡ് even you can hear the sound and said like that this eyelid sir closed in said means there is tamas in between the eyelid and eye there is tamas hmm no no if there is in the, for the years that will go there wherever sound ഭേരി ശബ്ദം മയാ ശബ്ദം മീൻസ് ദിസ് ഈസ് ട്രാവലിംഗ് അപ് ടു സൗണ്ട് സോർസ് ഇറ്റ് വിൽ യസ് ഇറ്റ് വിൽ ട്രാവൽ ഇൻ സൈഡ് ഓർസോ ദിൽ ഗോ ദേർ ആൻഡ് പിക്കാംപിൾ ദേർ ഈസ് ഇന്ദ്രിയം സോ ദാറ്റ് ഇന്ദ്രിയം ഈസ് ഹിയറിംഗ് ദി സൗണ്ട് wherever it is ah okay there is means inside there reached the indriyam so and is the eh shabdam karnathilekkalle varunnu alla indriyam avade pogu evedayano shabdam avade indriyam pogu adu karnathinaano chakshusinalle yare karnathina avudil illadhu kala kadamba nyayathiloda shabdam adu vera tarkiyana advaitiki anganeyalla ബേരീ ശബ്ദോ മയാശ്രുത എന്ന് പറയുന്നത് ബേരി ശബ്ദം അവിടുത്തെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് പോയി സാധനം അവിടെ പോകും